ദൈവം <laughs> ഉത്പത്തി <laughs> <laughs> <laughs> <laughs> ശ്രുതിരാകാംക്ഷാർത്ഥാദന സാമൃദ്ധ്യം ശ്രുതി രണ്ടു തരത്തിലാണ് ഒന്ന് ഉത്പത്യാദിശ്രുതി അതായത് ഈ ജഗത്ത് ഭിന്ന കാരണത്തിൽ നിന്നുണ്ടായി നശിക്കുന്നു ജഗത്തിൻ്റെ വിശേഷീതിലാണ് ആകാശമുണ്ടായി വായുണ്ടായി അഗ്നി ഉണ്ടായി ജലമുണ്ടായി അല്ലെങ്കിൽ അഗ്നി ഉണ്ടായി ജലമുണ്ടായി അന്നമുണ്ടായി ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഉത്പത്തികളെ കുറിച്ച് പറയുന്നുണ്ട് ജഗത്തിൻ്റെ ഉത്പത്തിയെ കുറിച്ച് പറയുന്നുണ്ട് ജഗത്തിനെ സൃഷ്ടിച്ച് ഈശ്വരനാണ് ഈശ്വരൻ സർവജ്ഞനും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഉപ്പത്തിശ്രുതി വിശേഷ നിരാകരണശ്രുതി പറയുന്നു ഇവിടെ സത്യം ഒന്നേ ഉള്ളൂ ആ സത്യത്തിൽ ഒന്നും അന്യമായിട്ട് വേറൊന്നുമില്ല അസത്യമാണ് പരമാർത്ഥം ഇതാണ് വിശേഷ നിരാകരണശ്രുതി അത് പറയുന്നു ആ സത്യമാണ് നീ പരമാർത്ഥമാണ് നീ ഇങ്ങനെ സത്യത്തെ ബോധിപ്പിക്കുന്ന ശ്രുതി അതാണ് വിശേഷ നിരാകരണ ശ്രുതി അതിൽ വിശേഷ നിരാകരണ ശ്രുതികൾ കേൾക്കുന്നവരാണ് വേദഭാഗങ്ങൾ ശ്രോതാവ് കേൾക്കുന്നവൻ കാര്യം പിടികിട്ടുന്നു കൂടുതൽ സത്യത്തെക്കുറിച്ച് അറിയുന്നതിനുള്ള ആകാംക്ഷ ഉണ്ടാവുന്നു സത്യത്തെ ബോധിപ്പിക്കുകയും അത് ബോധിപ്പിക്കുന്നതുപോലെ ബോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സത്യം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ജിജ്ഞാസുണ്ടാകത്തില്ല അതാണ് നിരാകാംക്ഷ അതിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണ് ആകാംക്ഷ വീണ്ടും അറിയാനുള്ള ആഗ്രഹം നിലനിന്നാൽ റിയാൻ വേണ്ടി കാട് കയറും അതാണ് എൻ്റെ ദോഷം എന്താണ് സത്യം അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് ശാന്തമായി എന്താണ് സത്യം അതറിഞ്ഞില്ലെങ്കിൽ അസത്യത്തിൽ ചുറ്റിത്തിരിയും അതാണ് ആധ്യാത്മിക ലോകത്ത് നമ്മൾ കാണുന്നത് സത്യം അറിയാതിരിക്കുന്നിടത്തോളം കാലം ആ സത്യത്തിന് ഞാൻ ചുറ്റിക്കറങ്ങിയിരിക്കും ശ്രുതി വേദം ഇതെല്ലാം പറയുന്നുണ്ട് ഉത്പത്തിയെക്കുറിച്ചും പറയുന്നുണ്ട് വിശേഷ നിരാകരണത്തെക്കുറിച്ചും പറയുന്നുണ്ട് സത്യമൊന്നേ ഉള്ളൂ എന്നും പറയുന്നുണ്ട് അതിൽ ഉത്പത്തി ശ്രുതികളെക്കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ അതിനൊന്നും നിരാകാംക്ഷുണ്ടാകത്തില്ല മറിച്ച് അതിനെക്കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ അതിൻ്റെ പരമാർത്ഥം എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും എന്തായി പറയുന്നത് ആകാശമുണ്ടായി വായുവുണ്ടായി ഈ പറയുന്നത് എന്താണെന്ന് അറിയുന്ന ആകാംക്ഷ ഉണ്ടാവും ആകാംക്ഷ അവനെ സത്യത്തിലെത്തിക്കും അങ്ങനെ സത്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകും നേരിട്ടുണ്ട് അതിൻ്റെയും താല്പര്യം പരമ്പരയെ അത് തന്നെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ക്രമേണ എന്താണ് ഈ സൃഷ്ടി സൃഷ്ടിയുടെ വിശേഷതകൾ എവിടെ നിന്ന് പ്രകടമായി ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ടായിട്ട് പരമാർത്ഥ സത്യത്തിൽ അവനെത്തും പക്ഷെ നിരാകാംക്ഷറയുന്നത് നേരിട്ട് സംഭവിക്കത്തില്ല ആകാംക്ഷ ഉണ്ടാകുമ്പോൾ പരമാർത്ഥ സത്യത്തിൽ എത്തണമെന്നില്ല ആകാംക്ഷ ഉണ്ടാകും വീണ്ടും അവൻ അന്ധകാരത്തിൽ ചുറ്റിത്തിരിയാ അതങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷെ അങ്ങനെ ഉത്പത്തിയെക്കുറിച്ച് പറയുന്ന ശ്രുതിയുടെ താല്പര്യം അവന് സത്യത്തെക്കുറിച്ചുള്ള ആകാംക്ഷ ഉണ്ടാവണം മുൻ പരമാർത്ഥത്തെ അറിയണം എന്നുള്ളതാണ് അങ്ങനെ സംഭവിക്കാറില്ലെങ്കിലും അതാണ് ശ്രുതിയുടെ താല്പര്യം എന്നാണ് ഇവിടെ പറയുന്നത് ദൈവം ഉത്പത്യാദിശ്രുതിശ്രുതികൾ നിരാകാംക്ഷ അർത്ഥ പ്രതിപാദന സാമർഥ്യം അസ്ഥി നിരാകാംക്ഷർത്ഥം എല്ലാ ജിജ്ഞാസകളെയും അവസാനിപ്പിക്കുന്ന തത്വം അതാണ് നിരാകാംക്ഷ അർത്ഥം പരമാർത്ഥ തത്വം അതിനെ പ്രതിപാദനം നേരിട്ട് ഒരു സാമർഥ്യം ശേഷി അതിനില്ല അത് വളഞ്ഞ വഴിയെ ബോധിപ്പിക്കും അതെങ്ങനെ വളഞ്ഞ വഴിയെ ബോധിപ്പിക്കുന്ന അതാണ് പറയുന്നത് പ്രത്യക്ഷം ഉത്പത്തിയെക്കുറിച്ച് പറയണേ ജഗത്തിൻ്റെ അത് ആകാശത്തിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞാലും അഗ്നിയിൽ നിന്ന് തുടങ്ങുന്നു എന്നു പറഞ്ഞാലും അവൻ്റെ ചിന്ത അതിനെ ചുറ്റി ആയിരിക്കും അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും അങ്ങനെയാണ് ലോകം ഉണ്ടായത് ഇതിൻ്റെ വിശേഷതകൾ എന്തൊക്കെയാണോ ഇത് എങ്ങനെന്തിനാ നിൽക്കുന്നു എന്നിത് അവസാനിക്കുന്നു അപ്പോൾ അവൻ്റെ ചിന്ത ലോകത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഒരു വിശേഷ ജിജ്ഞാസ ഉണ്ടാവണം ആ ലോകത്തിലല്ല ഇത് എവിടെ നിന്നുണ്ടായി എവിടെ നിലനിൽക്കുന്നു എവിടെ നശിക്കുന്നു അങ്ങനെ ഈ ജഗത്തിന്റെ ആധാരത്തെക്കുറിച്ചൊരു ചിന്തയുണ്ടാവും ജഗത്തിന്റെ ഉത്പത്തി അല്ലെങ്കിൽ അതിന്റെ നിലനിൽപ്പ് അതിന്റെ നാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനും സാനുഗതി എന്താണോ ജഗത്തിൻ്റെ ഈ ഉത്പത്തിക്ക് കാരണമായ ഒന്ന് അതാപനതിനെ ഈ ജഗത്തിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് കാണുന്നത് അങ്ങനെ കണ്ടിട്ടാണ് ചിന്തിക്കുന്നത് ജഗത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അത് ജഗത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിരിക്കും നിന്നാണ് ജഗത്തുണ്ടായത് ഭൗതികമായ ചിന്ത അതാണ് എന്തോന്ന് അതിൽ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചു അത് വളരെ സൂക്ഷ്മമാണ് ആ മാറ്റം ഒന്നൊരു വികാസമാണ് ആ വികാസം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് ജഗത്തിൻ്റെ സൃഷ്ടി ഭൗതികശാസ്ത്രം പറയുന്നു അതിവിടെ അത് അനന്തമായി വികസിച്ചുകൊണ്ടിരിക്കുന്നു അതെവിടെ നിന്നാണ് തുടങ്ങിയത് അത് തുടങ്ങിയത് ജഗത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഒരംശത്തിലുണ്ട് അത് സൂക്ഷ്മം നമ്മളെ കാണുന്ന സ്ഥൂലം ഇതിങ്ങനെ അവസാനമില്ലാതെ വികസിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയാണ് ഭൗതികചിന്ത അപ്പോൾ അതെങ്ങനെ നേരിട്ട് അതിൽ സത്യത്തെ അറിയാൻ കഴിയും ഇതാണ് പ്രത്യക്ഷന്തുത്വസാം അന്യാർത്ഥത്വം സമനുഗമ്യത അത് നേരിട്ട് തന്നെ അത് ഉത്പത്തിയെക്കുറിച്ച് പറയുമ്പോൾ ഉത്പത്തിയെ സംബന്ധിച്ചുള്ള വിശേഷങ്ങൾ അതിലാണ് അവൻ്റെ ചിന്ത പോകുന്നത് എന്നുവെച്ചാൽ ഇവിടെ പരമാർത്ഥത്തിൽ അവൻ്റെ ചിന്ത എന്ന് പറഞ്ഞു അന്യാർത്ഥത്വം പരമാർത്ഥത്തിൽ നിന്നും അന്യമായൊരു വിഷയത്തെയാണ് അവനെ ബോധിപ്പിക്കുന്നത് അതിന് ഉദാഹരണം പറയുന്ന ശ്രുതി തന്നെ ഉത്പത്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് അസനവനെ പരമാർത്ഥത്തിലെത്തിക്കുന്നു തഥാഹി തത്ര ഏതും ഉത്പത്തി സൗമ്യം അമൂലം ഭവിഷ്യതി ഇവിടെ ശ്രുതിയും ഉത്പത്തിയെ കുറിച്ച് പറയുന്നു അവിടെയും ഒരു ഭൗതികമായ അന്വേഷണത്തിലാണ് തുടങ്ങുന്നത് എന്ന് പറയും ഇതിൻ്റെ മുമ്പുള്ള ഭാഗങ്ങളോട് മനസ്സിലാക്കിയാൽ ഇത് വ്യക്തമായി മനസ്സിലാകാത്തത് അല്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ എഴുതി വെച്ചിരിക്കുന്നതുപോലെ അബദ്ധമായി ഇതിൻ്റെ ഇതിൻ്റെ പുസ്തകം കയ്യിലുള്ളവർക്ക് നോക്കാം ഏത് സുഖം ജഗതാത്മകം കാര്യം ഉത്പതിതം ഉത്പന്നം അങ്ങനെയാണ് ആനന്ദഗിരി വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഭാഷരത്നപ്രഭാകരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ബ്രഹ്മണി തത്ര മൂലകാരണേ ബ്രഹ്മണി ഏത് സുഖം ജഗതാത്മകം കാര്യം എന്ന വിപനിഷ് ഭാഷയുമായിട്ടൊരു ബന്ധവുമില്ല ശിഷ്യന്മാര് എഴുതിയിരിക്കുന്ന ഈ വ്യാഖ്യാനം ഗുരുവിന്റെ വ്യാഖ്യാനമായിട്ടൊരു ബന്ധമില്ല പിന്നെ എങ്ങനെ ഇത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരാണ് ഈ അദ്വൈതത്തെ കുളം തോണ്ടിയത് അല്ല എന്നും പറയാനില്ല തത്ര എന്നുള്ളതിന് ഖ്യാനിച്ചിരിക്കുന്നത് എന്താണ് മൂലകാരനെ ബ്രഹ്മണി എന്നാണ് എന്നാണ് ആര് വ്യാഖ്യാനിച്ചത് ഭാഷരത്നപ്രഭാൻ നിർണ്ണയം അങ്ങനെ അത്രയധികം മൂലകാരണോക്തി ഇതൊക്കെ വായിക്കുന്നവര് ഇതിന്റെ ഭാഷയും ശ്രുതിയുടെ ഭാഷയും വായിക്കാതെ ഇതൊക്കെ വായിക്കുന്നവര് വലിയ ആശയക്കുഴപ്പത്തിലാണ് എന്നുവെച്ചാൽ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാവില്ല അവരും പറയുന്ന അദ്വൈതം തന്നെ അതിന് കുഴപ്പമൊന്നുമില്ല ഈ വ്യാഖ്യാനങ്ങളെന്നൊന്നും നമ്മൾ മനസ്സിലാക്കുന്ന എന്താ അദ്വൈതം പക്ഷെ അതുപോലല്ലോ ഭാഷകാരൻ പറഞ്ഞുകൊണ്ടുവരുന്ന ഏത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകണ്ടേ ഇപ്പൊ തത്രാന്ന് പറഞ്ഞാൽ ഭാഷകാരൻ വ്യഖ്യാനിച്ചിരിക്കുന്ന ഇതല്ല തത്ര എന്ന് വെച്ചാൽ രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന എന്താണ് മൂലകാരണം എന്ന് വെച്ചാൽ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഭാഷകാരൻ തത്രാന്ന് പറയുന്നത് സതി സപ്തമിയായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഏപം സതി ഇങ്ങനെയെല്ലാമായിരിക്കേ എന്നാണ് ബ്രഹ്മത്തെക്കുറിച്ചല്ല പറയൂ സപ്തമ്യകരണം പഠിച്ചിട്ടുള്ളവർക്കറിയാം അപ്പോ അവിടെ സപ്തമ്യ അർത്ഥത്തെയാണ് പറയുന്നത് ഇങ്ങനെയായിരിക്കേ എങ്ങനെയായിരിക്കേ അപ്പൊ അത് ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് എന്താ പറയുന്നത് ഏത ശുഖം അതിനെന്താ അർത്ഥം പറഞ്ഞു ശുഖം ജഗതാത്മകം കാര്യം ഇത് പറയുന്ന അദ്വൈതമാണ് കേട്ടോ ഭാഷകാരൻ പറയുന്ന രീതിയിലല്ലെന്നേ ഉള്ളൂ അത് വലിയൊരു വ്യതിചലനമാണ് ഈ വ്യതിചലനമാണ് അദ്വൈതത്തിൽ പിൽക്കാലത്ത് നമ്മൾ കാണുന്നത് നിശിഷ്യന്മാർക്കങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അദ്വൈതം പറഞ്ഞാൽ മതിയല്ലോ പക്ഷേ ഭാഷ്യത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ അതൊരിക്കലും ചോദിക്കാൻ പറ്റാത്ത കാര്യമാണ് അവർക്ക് വലിയ ആൾക്കാരാണ് വിവരമുള്ളവരാണെന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല നമ്മള് ഏത ശുങ്കം ശുങ്കം എന്ന് പറയുന്ന അതിന്റെ അർത്ഥം അങ്കുരം എന്നാണ് അതിന് പറയും വടബീജത്തിലെ അങ്കുരം പോലെ എങ്ങനെയാണോ ഒരാൽ വിത്ത് എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അങ്കുരം പോലെ എന്ന് പറയുന്ന ഇവിടെ എന്തിനാണ് പറയുന്നത് അപ്പോൾ അങ്കുരം എന്ന് പറഞ്ഞാൽ അതിന് കാര്യം എന്നർത്ഥമുണ്ട് അങ്കുരം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ എന്താണോ നമുള പൊടിച്ചു വരുന്ന സാധനം അതിന് പൊതുവായൊരർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാര്യം എന്ന് പറയാം അപ്പൊ കാര്യം എന്ന് പറയുന്നത് എന്തിനാണ് ഇവിടെ പറയുന്നത് ജഗത്തിനാണ് പറയുന്നത് ഇവർ പറഞ്ഞിരിക്കുന്നത് ജഗതാത്മകം കാര്യമെന്നാണ് കാര്യം എന്ന് പറഞ്ഞാൽ ശരിയാണ് ജഗത്തല്ല ഭാഷകാരം പറയുന്നത് ഈ ശരീരത്തെ കുറിച്ചാണ് ആ അത് പിന്നീട് ജഗത്തിലെത്തിച്ചേരും ഈ രണ്ട് ശിഷ്യന്മാരും ഭാഷ നോക്കാതെയാണ് വ്യാഖ്യാനം എഴുതിയത് എന്തുകൊണ്ട് ഉത്തരവില്ല എന്തുകൊണ്ട് എങ്ങനെ എഴുതി ഇപ്പോ ഏവം സതി ഴിഞ്ഞാൽ ഇങ്ങനെയിരിക്കേ എങ്ങനെ എങ്ങനെ ഇരിക്കേ അത് അതിനുമുമ്പ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം ഇത് എവിടെയാണ് സന്തോഷ്യത്തിൽ ആറ് അപ്പം ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ അങ്ങ് നേരിട്ടങ്ങ് ബ്രഹ്മത്തിൽ പോയത് ആറാം അധ്യായം എന്ന് പറയുന്നത് തുടങ്ങുന്നതന്നെ എങ്ങനെയാണ് പിതാവ് പുത്രന് ഉദാലകൻ ശേതകേതുവിന് തത്വം ഉപദേശിക്കുന്നതായിട്ടാണ് തുടങ്ങുന്നത് സദേവ സൗമ്യ ഇതമഗ്ര ആസീ അതെല്ലാം നിങ്ങൾക്ക് കാരണമായിരിക്കുന്ന സത് എന്ന പറയും ആ സത്തിൽ നിന്നാണിതുണ്ടാകുന്നത് അസത്തൊന്നും പറയുന്നുണ്ട് അവിടെ അസത്തെന്ന് പറഞ്ഞിട്ട് സത്തെന്ന് പറയും അങ്ങനെ സൃഷ്ടി എവിടെ പോലെ ആരംഭിക്കുന്നു അവിടെ പറയുന്നത് തേജസ് ജലം അഗ്നി ജലം ഭൂമി അന്നം അങ്ങനെയാണ് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അങ്ങനെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ട് അതിൽ നിന്ന് ശരീരത്തിൻ്റെ കാര്യം പറയും അപ്പൊ ശരീരത്തിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് പറയുന്നു ഒരാൾ വിശന്നാൽ ഭക്ഷണം കഴിക്കുന്നു ദാഹിച്ചാൽ ജലപാനം ചെയ്യുന്നു അങ്ങനെയാണ് ഈ ശരീരം ഇങ്ങനെ വൃത്തിയെ പ്രാപിച്ചിരിക്കുന്നത് അന്നപാനങ്ങളിലൂടെയാണ് അപ്പോൾ ്രഹ്മത്തെക്കുറിച്ചൊന്നും അല്ല ചിന്തിക്കുന്നു അങ്ങനെ നേരിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ ബ്രഹ്മ എന്നുള്ള ഒരു കാര്യമേ അവിടെയെങ്കിലും പറയുന്നില്ല ഇവിടെ ഇപ്പം ബ്രഹ്മം എന്ന് പറഞ്ഞെങ്കിലും അവിടെ ബ്രഹ്മെന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അവിടെ ഉപയോഗിക്കുന്നത് എന്താണ് സത്ത് എന്തുകൊണ്ടാ സത്തെന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കാൻ കാരണം എന്താണ് അതൊക്കെ നിങ്ങള് ചിന്തിച്ചല്ലേ ഒരുപാട് എത്ര ദിവസം ഞാൻ കിടന്ന് കണ്ടക്ഷോഭം നടത്തിയാണ് എന്താണ് സത്വം എന്ന് പറയാൻ കാരണം പറയുന്നവരൊന്നും വ്യക്തമായി പറഞ്ഞാൽ കൊള്ളാം തെറ്റായാലും കുഴപ്പമില്ല ഞാൻ ക്ഷമിച്ചു സത്തെന്ന് പറയാൻ എന്താ കാരണം സത്തെന്ന് പറയാൻ ഏ അതേ തത്വമസിയിലെ തത്തെന്ന് പറയുന്നതാണ് ആ സത്ത് സത്തെന്ന് അവിടെ പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞു വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ അനുഭവത്തിലുള്ള ഒരു കാര്യമായതുകൊണ്ട് ജഗത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് സത് എന്ന് പറയും സത് എന്ന് പറയുന്ന അനുഭവത്തിൽ ഉണ്ടോ സത് എന്ന് സംസ്കൃതി പറഞ്ഞാൽ മലയാളത്തിൽ ഉണ്മ എന്ന് പറയും ഇംഗ്ലീഷിൽ എന്തു പറയും അങ്ങനെയും പറയാം എന്ന് പറയും പക്ഷേ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ നമ്മുടെ ചിന്ത വേറെ വഴിക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം അവിടെയൊക്കെ ആ ശബ്ദങ്ങൾ ഇവിടെ പറയുന്ന അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നു ആ ഭാഷയിൽ ഇങ്ങനെയൊരു ചിന്ത കടന്നു എക്സിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചിന്ത മാറിപ്പോവാൻ സാധ്യതയുണ്ട് അതേസമയം ഈ ഭാഷയിൽ ഈയൊരർത്ഥത്തിൽ ധാരാളം ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് അത് സത് ഉണ്മ എന്നുള്ള അർത്ഥത്തിൽ അത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് ീ ലോകത്തിൻ്റെ ഉണ്മ്മ നമ്മളനുഭവിക്കുന്നു സ്വന്തം ഉണ്മ ഞാൻ എന്റെ അസ്തിത്വം ഞാൻ അനുഭവിക്കുന്നു അതുകൊണ്ട് അനുഭവത്തിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് എന്തായിട്ട് സത്ത് എന്നുള്ള ശബ്ദം അതാണ് ഈ ജഗത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ പറഞ്ഞു എന്താണ് തത്ത് എന്ന് പറഞ്ഞാൽ എന്താ ആ സത്ത് നീ വ്യക്തമായി നീ അനുഭവിക്കുന്ന കാര്യം നിന്റെ അനുഭവത്തിലുള്ള കാര്യം അതാണ് എന്ത് നീ അതാണ് നീ അതാണ് ഈ ജഗത്തിന് കാരണം എന്ന് പറയാം ഈ ജഗത്ത് ബാക്കി ഈ ജഗത്തിൻ്റെ ഉത്പത്തി സ്ഥിതിയെ കുറിച്ചൊക്കെ പറയുന്ന ഭൗതികമായ കാഴ്ചപ്പാടുകളും എല്ലാം ഈ ജഗത്തിന്റെ ഭാഗമാണോ ജഗത്തിന്നതിൽ നിന്നുണ്ടായി എന്ന് പറയും അതെന്തായിരുന്നു അത് ജഗത്തിൻ്റെ ഒരു അംശമാണ് അതിൽ നിന്നുണ്ടായി ഒരണവിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞു എന്തോ ഒന്നിൽ നിന്ന് വികസിക്കാൻ തുടങ്ങി എന്നാ പറയുന്നത് എന്താണെന്ന് കൃത്യമായി പറയാൻ പറ്റില്ല വികസിച്ച് പലതുമായി തീർന്നു അതൊക്കെയാണ് കാണുന്നത് അതെന്തായാലും ജഗത്തിൻ്റെ ഭാഗം ഇതങ്ങനെയല്ല പറയുന്നത് ജഗത്തിൻ്റെ ഭാഗമല്ല എന്നാൽ നമ്മുടെ അനുഭവത്തിൽ ഉള്ളതുമാണോ അതാണ് ജഗത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നതിനും വളരെ പ്രാധാന്യമുണ്ട് കാരണം ഈ വിശേഷ നിരാകരണങ്ങൾ ജഗത്തിൻ്റെ കാരണത്തിൽ ഒരു വിശേഷത്തെയും അംഗീകരിക്കേണ്ട കാര്യമില്ല വേണമെങ്കിൽ അംഗീകരിക്കാം ജഗത്തിൻ്റെ കാരണം കേവല സത്ത് മാത്രം മതി അത് വെളിപ്പെടുത്താനാണ് ഇവിടെ പറയും അത് മനസ്സിലിരുന്നാലീ പറയുന്ന കാര്യം മനസ്സിലാവും ഭാഷകാരൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകും അപ്പം തത്രാന്ന് വെച്ചാൽ ഇങ്ങനെയെല്ലാം ഇരിക്കേ എങ്ങനെ ഇരിക്കേ ഈ ശരീരം ഉണ്ടായി ഈ ശരീരം ഈ ഇതിലിരിക്കുന്ന എന്തുകൊണ്ട് വിശപ്പും എന്ത് ചെയ്തു അന്നം കഴിച്ചു ജലം കുടിച്ചു ഇങ്ങനെയായി എന്നാണ് ഭാഷകാരം വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയിരിക്കേ ശുങ്കം ഉത്പതിതം ഈ ശുങ്കം എന്ന് പറഞ്ഞാൽ ഈ അങ്കുരം എന്ന് വെച്ചാൽ ഈ ശരീരം ലോകമല്ല ലോകത്തിൻ്റെ കാര്യമില്ല പറയും സത്ത് പോലെ തന്നെ ഉണ്മ പോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രത്യക്ഷമായ അനുഭവത്തിലിരിക്കുന്ന ഈ ശരീരം ഉത്പതിതം എന്ന് പറഞ്ഞാൽ നിഷ്പന്നമായി ഈ രൂപത്തിൽ രൂപപ്പെട്ടു എന്നാണ് എന്തിൽ നിന്ന് രൂപപ്പെട്ടു എന്തിൽ നിന്ന് രൂപപ്പെട്ടു ഏ അന്നപാനങ്ങളിൽ നിന്ന് പിറന്നു വീണ അന്നുപോലെ തുടങ്ങി കഴിഞ്ഞാൽ തിന്നാനും കുടിക്കാനും എന്നിട്ട് ഇതുവരെ അത് മനസ്സിലായി എന്നിട്ട് മതി വരുന്നുണ്ട് ഏ അപ്പൊ ഇതെന്ത്ണ്ടായെന്ന് വെച്ചാൽ അന്നപാനങ്ങളിൽ നിന്നാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രത്യക്ഷമായ അനുഭവമാണ് അതുകൊണ്ടാണ് ഈ ശരീരത്തെ തന്നെ എടുക്കുന്നത് അപ്പോ അവിടെ ചോദിക്കുന്നു അങ്ങനെ ഉണ്ടായ പറയുന്ന കാര്യങ്ങളാണ് ഈ ശരീരത്തിൻ്റെ കാരണം എന്താണ് അതാണ് അവിടെ ചിന്തിക്കുന്നത് ഉപനിഷത്ത് അതൊന്നും മനസ്സിൽ കാണാതെയാണ് നമ്മുടെ ഈ വ്യാഖ്യാതാക്കൾ ഇതൊക്കെ എഴുതിപ്പോയത് അദ്വൈതം വേദാന്തം എഴുതിപ്പോയത് അപ്പം ശരീരത്തിൻ്റെ കാരണം എന്തെന്നാണ് അവിടെ പറഞ്ഞത് അന്നം എന്ന് പറഞ്ഞു അത് ചോദിക്കുന്നു അന്നത്തിന് കാരണം എന്താണ് ജലം ജലത്തിന് കാരണം എന്താണ് അതങ്ങനെ പറയാൻ എന്താ കാരണം കാരണം അവിടെ സൃഷ്ടിയെക്കുറിച്ച് അങ്ങനെ പറയുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യകാരണത്തെക്കുറിച്ച് പറഞ്ഞു ആ ഭാഷകാരൻ അവിടെ തന്നെ പറയും ഇങ്ങനെ വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ എന്തോ സയൻസ് ആണെന്നൊന്നും ധരിച്ചിട്ട് പിന്നെ അതിൻ്റെ സയൻസ് കണ്ടുപിടിക്കാൻ പോകരുത് അത് ഭാഷകാരൻ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ നിന്ന് നേരെ അങ്ങ് ക്വാണ്ടം മെക്കാനിക്സിലേക്കൊന്നും പോകരുത് ഇതിങ്ങനെ പറഞ്ഞേയുള്ളൂ എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു നമ്മുടെ അനുഭവം ഇതൊക്കെയാണ് അന്നം കഴിക്കുകയും ജലം കുടിക്കുകയും ചെയ്ത ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് വരും അതൊക്കെ നമ്മുടെ സാമാന്യമായ മനുഷ്യൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അതുവരെ എത്തി പിന്നെ അവിടെ ശ്രീ പറയുന്നു അങ്ങനെയുള്ള ഈ തേജസ് അത് പറയുന്ന നമ്മുടെ അവിടെ തുടങ്ങുന്നതിനെ ഇവിടെ പോലെ തേജസ് ജലം ഭൂമി എന്താ അവിടെ നിന്ന് തുടങ്ങാൻ കാരണം അതാണ് ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്നത് അതുതന്നെയാണ് നമുക്ക് പ്രത്യക്ഷമായി വളരെ പ്രത്യക്ഷമായിരിക്കുന്ന ഈ മൂന്ന് സാധനങ്ങളാണ് അനു പിറയിലോട്ടുള്ള ആകാശം വായു ഒന്നും അതുപോലെ പ്രത്യക്ഷമുണ്ട് പ്രത്യക്ഷമായി നിന്നുകൊണ്ട് ചിന്തിക്കുന്നു അപ്പോൾ അതിൻ്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് എൻ്റെ കാരണം പറയുന്നു സത് അപ്പം ഇവിടെ ഈ ശരീരം ഉണ്ടായത് അവിടെ പറഞ്ഞു അത് അന്നത്തിൽ നിന്നാണ് അന്നം ജലത്തിൽ നിന്നുണ്ടായി ജലം തേജസ്സിൽ നിന്നുണ്ടായി എന്ന് പറയും അങ്ങനെ ഉണ്ടായെങ്കിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അഗ്നി ഒരു കാരണമാണല്ലോ പറയുന്നു ഇതിനൊരു മൂല കാരണം അതിൻ്റെയും പിന്നിലൊരു മൂല കാരണമുണ്ടാകുന്നു അത് ഇത് കഴിഞ്ഞാ പറയുന്നു ഇപ്പോഴല്ല ഈ ശരീരം ഉണ്ടായത് നയിതം അമൂലം ഭവിഷ്യതി ഇതിനൊരു കാരണമുണ്ടായേ പറ്റൂ ഏതിന് ശരീരത്തിന് എന്താ കാരണം അമൂലെന്ന് വെച്ചാൽ കാരണം ഇല്ലാതിരിക്കാൻ പാടില്ല അതിനൊരു കാരണം ഉണ്ടായാലേ പറ്റൂ എന്താണ് ആ കാരണം അത് അടുത്ത് പറയുന്നത് അന്നമാണ് ബ്രഹ്മെന്നല്ല പറയുന്നു മനസ്സിലായോ അപ്പോൾ ഇവിടെ വ്യാഖ്യാതാക്കൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഭാഷകാരം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശുഖം എന്ന് പറഞ്ഞ കാര്യം ശരീരം അതിൻ്റെ മൂലം എന്ന് പറഞ്ഞിരിക്കുന്നത് അന്നമാണ് പിന്നീട് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചാണ് അവിടെ എത്തിച്ചേരുന്നത് പിന്നെ അവസാനം അത് ഭാഷകാരൻ നിന്നോടെ പറയുന്നുണ്ട് അങ്ങനെ ചിന്തിച്ചു പോയി സത്തിലെത്തിച്ചേരുന്നു അല്ലാതെ ഇവിടെ ഈ ജഗത്ത് ജഗത്തിന്റെ കാരണം ബ്രഹ്മം അങ്ങനെയല്ല ഇവിടെ പറയുന്നു അങ്ങനെ ഇവിടെ അതാണ് പറയുന്നതെങ്കിൽ പിന്നെ ബാക്കി പറയുന്ന ഭാഗങ്ങളും ഇതുമായിട്ട് യോജിക്കത്തില്ല ഭാഷ്യത്തിൽ പറയുന്നു ഭാഷ്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപക്രമിച്ചിട്ട് ആരംഭിച്ചിട്ട് എന്നുവെച്ചാൽ ശരീരത്തിൻ്റെ കാരണം എന്താണ് അത് അന്നമാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഉതർക്കേ ഉപസംഹാരത്തിൽ ഒടുവിൽ ഒടുവിലാണത് ആദ്യമല്ല മനസ്സിലായോ മനുഷ്യത്തിൻ്റെ ചിന്താരീതിയും വ്യാഖ്യതാക്കളും വ്യാഖ്യാനിച്ചതിന് തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് ജഗത്ത് ബ്രഹ്മത്തിൽ നിന്നുണ്ടായി പറഞ്ഞാൽ ശരിയല്ല ദോഷമൊന്നുമില്ല പക്ഷെ ഭാഷകാരൻ പറയുന്ന എന്താണ് ആ കാര്യം പറയുന്ന ഇവിടെ ഒടുവിൽ പറയുന്ന ഒരു കാര്യമാണ് അത് ആദ്യമേ പറഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക് അതൊരു മിസ്റ്റേക്ക് തന്നെയാണ് എന്നുവെച്ചാൽ ഭാഷ്യത്തിന്റെ ആ സ്വാരസ്യം മനസ്സിലാക്കാതെ വ്യാഖ്യാനിച്ചു ആര് ശിഷ്യന്മാര് ആ വ്യാഖ്യാനമാണ് പിന്നീട് അദ്വൈതത്തെ കുളം തോണ്ടിയത് ഇത് ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുപോലെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോ ഇവിടെ എന്താണ് ഈ ശരീരത്തിന്റെ കാരണം എന്താണെന്ന് ചിന്തിച്ച് അന്നം അങ്ങനെ പോയിട്ട് ഈപന്യസ്യ ശരീര കാരണത്തെ നിർദ്ദേശിച്ചിട്ട് ഉതർക്കുകയും ഒടുവിൽ അത് മുമ്പോട്ട് പോയിട്ടാണ് എന്നാണ് സതേവ ഏകസ്യ ജഗന്മൂലസ്യ വിജ്ഞേത്വം ദർശ്വ ഒടുവിൽ പറയുന്നുണ്ട് എന്താണ് സത്ത് അതവിടെ ബ്രഹ്മന്നൊന്നും പറയുന്നില്ല ഈശ്വരൻ എന്ന് പറയുന്ന ഒരു പദം ഈ പ്രകടനത്തിൽ ഒരിടത്തും ഭാഷകാരൻ ഉപയോഗിച്ചിട്ടേ അങ്ങനെ ഒരു വാക്യം ഉപയോഗിച്ചിട്ടുണ്ട് സത ഏകസ്യ സത് ഏകമായ സത്താണന്ത് ജന്മൂലസ് അതാണ് ജഗത്തിന് മൂലം എന്നും ഒടുവിൽ പറയുന്നു സന്മൂലാഹ സൗമ്യ ഇമാ ഇമാർ പ്രജാ സദായ സത്പ്രതിഷ്ഠാഹ എന്ന് പറയുന്ന ശ്രുതിയാണ് ഇവിടെ എന്ന് പറയുന്നു അവിടെ പറയുന്നുണ്ടാണീ ജഗത്തിൻ്റെ എല്ലാം ആധാരമായിരിക്കുന്നത് സത്താണോ നമ്മുടെ അനുഭവത്തിലുള്ള ഈ സത്ത് തന്നെ ഇതിലെന്താ ഇതില് ആരെങ്കിലും ഇതിലഭിപ്രായം പറയാൻ പറ്റും ജഗത്തിനെ കുറിച്ച് നമ്മുടെ അനുഭവം എന്താണോ ഇത് സത്താണോ ഉള്ളതെന്നാണ് ഇവിടെ അദ്വൈതം പറയുന്നത് തന്നെയാണ് ഇത് ഉള്ളതാണെന്നാണ് ഇതിൽ പിന്നെ എന്താ ഇത്രയും വ്യക്തമായൊരു കാര്യത്തിൽ പിന്നെ ഇത് സ്വത്താണോ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഡിബേറ്റിൻ്റെ ആവശ്യം കൂടിയില്ല ജഗത്തുള്ളതെന്നാണ് നമ്മുടെ അനുഭവം സ്വത്ത് തന്നെ ജഗത്ത് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന മുഴുവൻ അല്ല ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞില്ല വാലും കൊമ്പു എന്നുള്ള ഒരു ബ്രഹ്മത്തെക്കുറിച്ചൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല നമ്മുടെ അനുഭവത്തിൽ എന്താണ് അനുഭവിക്കുന്നത് അത് പിന്നെ പറയുന്നു അനുഭവത്തെക്കുറിച്ച് ഇത് ജഗത്ത് എന്ന് പറയുന്നത് സത്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മനനം ചെയ്യുക വിചാരം ചെയ്യുക എന്താ പറഞ്ഞത് അത് അച്ഛൻ മകനോട് ഉപദേശിച്ചപ്പോൾ മകനും ഉണ്ടായി കൺഫ്യൂഷൻ എന്തായി പറയുന്നത് ജഗത്ത് ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ താല്പര്യം ഉള്ളതാണോ ജഗത്ത് അപ്പോൾ സംശയമുണ്ടായി അത് വീണ്ടും ചോദിച്ചു വീണ്ടും വീണ്ടും ചോദിച്ചു അതെന്താണ് വീണ്ടും വീണ്ടും വിശദീകരിച്ചു ഒൻപത് തവണ അതിനെ വിശദീകരിക്കാൻ വേണ്ടി അക്കാര്യം തന്നെ യേശ അണിമ ഐതദാത്മീയ വിധംസർവും സ ആത്മാ തത്വമസി സേതഗെയ്തു ആദ്യം പറഞ്ഞത് ഈ ജഗത്ത് എന്ന് പറയുന്നത് ഉള്ളതാണെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അവസാനം എന്തു ചെയ്തു നീ അത് തന്നെ നീ അങ്ങനെയൊരു സംശയം വേണ്ട നീയും ആ ഉന്മാസത്ത് തന്നെയാണ് അത് നമുക്കും എന്ത് വേണ്ടിവരും അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടി വരും പെട്ടെന്ന് പറഞ്ഞാൽ എന്തായി പറയുന്നത് ആരാണ് ഈ സൃഷ്ടികർത്താവ് അത് ജഗത്ത് സത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മളീ വേദാന്തവും മണ്ണാങ്കട്ടിയൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരിൽ നിന്നൊക്കെ ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കുറച്ച് മനസ്സ് ശുദ്ധമായിരിക്കും എന്നാ മനസ്സിലാവും ഈ പണ്ഡിതന്മാർ നമ്മുടെ മനസ്സിനെ കലക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പ്രയാസം അവിടെ സത്തെന്ന് പറഞ്ഞാൽ സത്തെന്ന് തന്നെ മനസ്സിലാവണം അതിനകത്ത് വേ ഒന്നും കൂട്ടി ചേർക്കാനുമില്ല അതിൽ നിന്നൊന്നും എടുത്ത് മാറ്റാനുമില്ല തത്ത് ആ സത്താണ് തോം നീ ആ ഉണ്മയാണ് നീ എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ അവിടെ ജഗത്തിനെന്താസ്ഥാനം തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദീകരിക്കുക അതുകൊണ്ട് തന്നെ തുടങ്ങിയതെങ്ങനെയാണ് ഉപദേശം വചാരംഭണം വികാരവും നാമധേയവും മർത്തികേയും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം അത് പറഞ്ഞത് സത്ത് തന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ സത്താണ് ജഗത്തിന് കാരണം ജഗത്തും സത്ത് തന്നെ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പറഞ്ഞു എങ്ങനെയാണോ മണ്ണിൽ നിന്ന് മൺപാത്രം ഉണ്ടാകുന്നത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതുണ്ടായാലും അത് മണ്ണ് മാത്രമായിരിക്കുന്നത് വളരെ ലളിതമായ ഉദാഹരണമല്ലേ അവിടെ രണ്ടുദാഹരണം കൂടുതൽ പറയുന്നു എന്തൊക്കെയാണോ എങ്ങനെയാണോ ലോഹമണി സ്വർണത്തിൽ നിന്ന് കടക തേയൂര മുടങ്ങൾ ആഭരണങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഉണ്ടായാലും അത് മാത്രമായിരിക്കുന്നു എങ്ങനെയാണ് ഒരു നഖം നികർന്തനം എന്ന് പറഞ്ഞാൽ എന്താണോ എന്താണ് ഏ ആ നേർക്കാട്ട് ഇരുമ്പുകൊണ്ടുള്ള ഒരു ചെറിയൊരു പണിയായുധം അത് ഇരുമ്പ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കിയാലും ശരിയല്ല ഇരുമ്പ് തന്നെ ആയിരിക്കുന്നത് വളരെ നിസാരമായി ആർക്കും മനസ്സിലാകാത്ത ഉദാഹരണങ്ങളിലൂടെയാണ് പറയുന്നത് അങ്ങനെ ആ സ്വത്തിൽ നിന്ന് അതുപോലെ മണ്ണും മൺപാത്രവും പോലെ ഈരുമ്പും ഇരമ്പായുധവും പോലെ സ്വർണവും ആഭരണവും പോലെ അതെല്ലാം മൺ മൺപാത്രമായാലും മണ്ണ് തന്നെ വ്യത്യാസമൊന്നുമില്ല അപ്പം മൺപാത്രം മണ്ണെന്ന് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് മണ്ണ് തന്നെ അർത്ഥം അതുപോലെയാണ് ഞാൻ പറയുന്നതെന്നാണ് അച്ഛൻ മകനോട് പറയുന്നത് സത്രിൽ നീ അനുഭവിക്കുന്ന ഈ സത് അതിൽ നിന്നാണ് ഈ ജഗത്ത് ഉണ്ടായത് ആ സത്ത് തന്നെയാണ് ഇതെല്ലാം നീയും അത് തന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ നമ്മളറിയുന്നതും അറിയാത്തതുമായ എന്തൊക്കെ സൃഷ്ടിയുണ്ടോ എല്ലാം ആ സത്ത് തന്നെയാണ് ഇവിടെ ലളിതമായി പറഞ്ഞു നീ എന്ന് പറഞ്ഞപ്പോ അവിടെ പിന്നെ അന്വേഷണം ഇവിടെ പറഞ്ഞ നിരാകാംക്ഷ അത് ബോധ്യപ്പെട്ടാൽ അവിടെ ഒരിടത്തും ഈ ലോകത്തെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്നും പറഞ്ഞില്ല ശ്രുതിയും പറഞ്ഞില്ല ഭാഷകാരനും പറഞ്ഞില്ല അങ്ങനൊരു കാര്യം പറഞ്ഞില്ല നീ അതാണെന്ന് പറയുമ്പോൾ നീ അതാണ് നീ ഈശ്വരനാണെന്നും പറഞ്ഞില്ല അങ്ങനെയും പറഞ്ഞില്ല എത്രയോ തവണ അത് ആവർത്തിച്ചു ഒരു സ്ഥലത്തും നീ അതാണെന്ന് പറഞ്ഞാൽ നീ ഈശ്വരനാണങ്ങനെ പറഞ്ഞു അനേക അനന്തമായ ശക്തിയോടുകൂടിയ ഒരു ഈശ്വരൻ ഈശ്വരൻ ആകാം ആകാം അതിന് വിരോധമൊന്നുമില്ല പക്ഷെ നിന്നെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നിന്നെ അങ്ങനെ മനസ്സിലാകണം ആസത്തായി മനസ്സിലാക്കണം ഇപ്പൊ തത്വമസിൽ തത് ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് സത്ത് എന്തല്ല ഈശ്വരനല്ല ഇതാണ് പണ്ഡിതന്മാർ കുളങ്കോരി എന്ന് പറയുന്നത് അവര് സത്തിന് എന്തർത്ഥം പറഞ്ഞു ഏ ഈശ്വരൻ ഭാഷകാരൻ കണ്ടെത്താത്തൊരർത്ഥമാണ് നിങ്ങൾക്ക് ഇണങ്ങി പോയിരുന്നു ഭാഷ നോക്കാം സമയമുണ്ടെങ്കിൽ സമയമില്ല എങ്കിലും പോയി നോക്കാം അങ്ങനെ ഒരർത്ഥം ഭാഷകാരൻ പറയുന്നില്ല സ്വത്താണ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നെ എന്തു വന്നത് ജഹൽലക്ഷണം അജഹൽലക്ഷണം ജഹദജക്ഷണം ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഒരാവശ്യമില്ലാത്ത വെറും അനാവശ്യങ്ങളാണ് ഈ പറയുന്നത് തത്തുമസി എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നതിന് അതിൻ്റെ യാതൊരു ആവശ്യമില്ല അതിൽ കൂടെ പോയാൽ ഒട്ടും മനസ്സിലാകത്തുമില്ല അതെന്താണോ വെറും കാട് അത് കൊടുങ്കാടാണ് അതിന് ഇവിടെ പറയുന്ന ശ്രുതി പറയുന്ന സത്തായിട്ടോ ഭാഷകാരം പറയുന്ന അതിൻ്റെ വ്യാഖ്യാനം കൊണ്ടോ യാതൊരു ബന്ധവുമില്ല പിന്നെ ഇതൊക്കെ തുടങ്ങി വെച്ചാർ ഈ പറയുന്ന ശിഷ്യന്മാരാണ് ഇതൊക്കെ തുടങ്ങി വെച്ചത് അവരെങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല ഞാൻ വിടത്തില്ല നിങ്ങൾ ചിലപ്പോൾ വെറുതെ വിട്ടെന്നിരിക്കും എനിക്കത് പറ്റത്തില്ല കാരണം ഇതവരെ കുളം തോണ്ടി പിന്നെ നമ്മുടെയൊക്കെ മനസ്സിലെന്തായി ധാരണ ഈ ജഹത്ത് അജഹത്ത് ജഹദ് അജഹത്ത് എന്ന് ഒരു വേദാന്തിയാകും എന്നൊരു ധാരണ മനസ്സിൽ ആൾക്കാരെ പറഞ്ഞ് അമ്പരപ്പിക്കാൻ ഇതൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കേട്ടാൽ മനസ്സിലാകത്തില്ല നമ്മൾ മനസ്സിലാക്കി നമുക്ക് പറയാനും നോക്കത്തില്ല പക്ഷെ എന്നാലും നമുക്ക് പറയാം ജഗത്ത് ആ ജഹത്ത് ജഹ് എന്തായി കുന്ത്രാണ്ടം മാർഗങ്ങൾ മനസ്സിലായിട്ടുണ്ട് മാർഗങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഒരു സംഗതിയല്ല മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കടമെടുത്താണോ എപ്പോൾ കുന്ത്രാണ്ടം കൊളോക്കിയൽ മലയാളം കാശ്മീരിക്ക് സംശയം എന്താണ് ഈ കുന്ത്രാട്ടം ഞാൻ കണ്ണടച്ചിരിക്കുന്നെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോ കുന്ത്രാണ്ടം വേറെ ഒന്നുണ്ട് പര്യായമാണ് കൊനഷ്ട് ഇതൊക്കെ പഠിച്ചു വെച്ചോളും മലയാളത്തിൽ സാധാരണ ഘട്ടത്തിൽ ഇതൊക്കെ വെറുതെ വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മറ്റു ശാസ്ത്രങ്ങളിലൊക്കെ സാഹിത്യത്തിനവിടെ ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കൊണ്ടു വന്ന് ഈ പറയുന്ന പണ്ഡിതന്മാർ കൊണ്ടുവന്ന സാധനമാണ് അതൊക്കെ ഇവിടെ യാതൊരു ആവശ്യവുമില്ല ഈശ്വരൻ എന്നു പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ശബ്ദം പോലും ഉപയോഗിക്കാതെയാണ് ഭാഷകാരൻ ഇത് വ്യാഖ്യാനിച്ചത് പിന്നെ എവിടെ വന്നു ഈ വ്യാഖ്യാനം ഈ പറയുന്ന വ്യാഖ്യാതാക്കളാണ് കാരണം അവിടെ അതിൻ്റെ ഇത്രയും ഭാഗങ്ങൾ വ്യാഖ്യാനിക്കുന്നിടത്ത് ഒരു സ്ഥലത്ത് ഈ പറയുന്ന വ്യാഖ്യാതാവ് ന്യായനിർണയകാരൻ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ച് ഭാഷകാരൻ ഈ ധ്യായം അവസാനിപ്പിക്കുന്ന തത്വമസി ഇതി സിദ്ധം എന്ന് പറയുന്നത് വരെ ഉപയോഗിക്കാത്തൊരു വാക്കാണ് വിദ്യ ഉപയോഗിച്ച് എന്ന് വെച്ചാൽ ഭാഷകാരൻ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ലോ അതെല്ലാം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വേറെ സന്ദർഭങ്ങൾ പറയുകയും ചെയ്യാം സത്ത് അനന്ത ശക്തിയോട് കൂടുമ്പോൾ അത് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല അങ്ങനെ പറയാം പക്ഷെ ഈ തത്തുമസിന്ന് പറയുന്നിടത്ത് അത് പറഞ്ഞില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല അതതിന്റെ ആവശ്യമില്ല ആവശ്യം ഉള്ളിടത്തെ അതൊക്കെ പറയാമോ ഈശ്വരന്റെ ആവശ്യം വന്നു അവിടെ ഈശ്വരനെ കുറിച്ച് പറയാം ഞാനീ പറയുന്നത് കേട്ടെന്നത് തോന്നും ഇയാളൊരു ഈശ്വരൻ നിഷേധിയാണല്ലോ നമ്മൾ പെട്ടിരിക്കുന്ന സ്ഥലം മോശമാണല്ലോ എന്നൊക്കെ തോന്നും അങ്ങനെയല്ല പറയുന്നത് ഈശ്വരൻ എന്ന് എവിടെയാണോ പറയേണ്ടത് ആ സന്ദർഭത്തിൽ പറയുന്നു അതിൽ ദോഷമൊന്നുമില്ല അത് സത്തിനെക്കുറിച്ച് പറയുന്നിടത്തും പക്ഷികാലം പറയുന്നു ഈ സത്ത് അനേക ശക്തിയുക്തമാകാം എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ബോധിക്കേണ്ടത് എന്തിനെ അതിനെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് ബോധിക്കേണ്ടത് എന്തിനാണോ അനേക ശക്തിയുക്തമായ സത്തിനെ അല്ല പിന്നെയോ നിർവിശേഷമായ സത്തിനെയാണ് ബോധിപ്പിക്കേണ്ടത് ഇവിടെ മകൻ പിന്നെ അച്ഛൻ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിർവിശേഷമായ സത്തിന് അതിനർത്ഥം അനേക ശക്തിയുക്തമായ ഒരു സത്തില്ലെന്നല്ല അതിനർത്ഥം ഈശ്വരനില്ലെന്നല്ല പറയുന്നത് അങ്ങനെ ധരിച്ചുള്ളത് ഈശ്വരനുമായിക്കോട്ടെ പക്ഷേ തത്തുമസി എന്ന് പറയുമ്പം എന്താണോ നേരിട്ട് ബോധിക്കേണ്ടത് വളച്ചുകെട്ടൊന്നുമില്ല ബോധിക്കേണ്ട എന്തിനെ സത്തിനെ അത് വ്യക്തമായി ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് സദൈവ സൗമ്യ ഇതമഗുര എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പിന്നെ വിശദമായി ചർച്ച കുറിച്ചാണോ ഏ എന്താണ് ഓർമ്മയില്ല കുറെ കാലമായി ഓർമ്മയില്ലെങ്കിലും എനിക്ക് ക്ഷമിച്ചേ പറ്റും എന്നാലും എന്നതിനെ കുറിച്ചാണ് വളരെ വിശദമായ ചർച്ച നടത്തുന്നത് പേടി എന്താണോ ചിലർക്ക് പറയണമെന്നുണ്ട് പക്ഷെ പേടി നിങ്ങൾ പറയുന്ന ഞാൻ കേൾക്കുന്നുണ്ടോ ഒന്നുകൂടെ ഉറച്ചു പറഞ്ഞു ശരിയാ ആ പിന്നെന്താ പേടിക്കുന്നത് ഞാൻ കേട്ടിട്ടല്ലേ യോഗിക്കുന്ന എന്താണ് എന്താണെന്ന് ധൈര്യ സംബന്ധിച്ച് നിങ്ങൾ യോഗമൊക്കെ പഠിക്കുന്നതല്ലേ വലിയ ചിത്തസ്ഥൈര്യമൊക്കെ വേണ്ട ആൾക്കാരല്ലേ എന്നിട്ട് ഇത് പറയുന്നതിന് എന്താ ഇത്രയും പേടി അത് കാരണം വെച്ചാൽ നമ്മുടെ ഒരു ധാരണ ഉണ്ട് നമ്മൾ പൂർണ്ണമായും ശരിയാണ് അതുകൊണ്ടാണ് തെറ്റ് വരുമെന്ന് ഭയക്കുന്നത് നമ്മളത്ര ശരിയെന്നുമല്ല അത് മനസിലാക്കിയാതി തെറ്റുകൊണ്ട് അപ്പോൾ പിന്നെന്തിനാണ് ഭയപ്പെടുന്നത് എന്തിനു ആരാണ് അവിടെ ശരി ആർക്കെങ്കിലും എഴുന്നേറ്റെന്ന് പറയാമോ ഞാൻ ശരിയാണ് അങ്ങനെയൊന്നും ആരും എല്ലാം ഉണ്ട് ശരിയും തെറ്റും എല്ലാം ഉണ്ട് അപ്പോൾ തെറ്റ് പറയുന്നതിന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ പറയുന്നതുപോലെ തെറ്റുചറയും നിങ്ങൾ തെറ്റെന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അതിന് മറുപടി പറയും എന്തെങ്കിലും ഒരു തമാശ അത് പറയുമ്പോ എന്ത് ചെയ്യും നിങ്ങളുടെ ഈഗോയെ ഹർട്ട് ചെയ്യും അപ്പൊ സങ്കടം വരും ഇതൊക്കെയാണ് പ്രശ്നം അതിനെനിക്ക് അതെനിക്ക് പരിഹരിക്കാൻ പറ്റില്ല സ്വയം പരിഹരിക്കേണ്ട കാര്യമാണ് അപ്പൊ സ്വയം പരിഹരിക്കണം വേറെ ആർക്കും പരിഹരിക്കാൻ പറ്റത്തില്ല പറയാൻ മേടിക്കേണ്ട കാര്യുപ്തി അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്തിനാ സുഹൃത്തി അവിടെ വിശദമായി ചർച്ച ചെയ്യുന്നത് ഏ ആ അതായത് ഈ സത്തം എന്ന് പറയുമ്പോ അത് നിർവിശേഷമായ അത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞെന്താണ് സത്വം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിനുണ്ട് അനുഭവം എന്ന് അങ്ങനെ പറയുന്നതിൽ ഒരു വലിയ ദോഷം എന്താണ് പ്രത്യക്ഷമായ അനുഭവത്തിലുള്ളതാണ് സത്തെന്ന് പറഞ്ഞാൽ വരുന്ന ദോഷം നമ്മളൊന്നിനെ അറിയുന്നു അതുകൊണ്ടത് ശരി നമ്മളൊന്നിനെ അറിയുന്നു അതുകൊണ്ട് സത്യമാണെന്ന് വന്നു കഴിഞ്ഞാൽ അറിയുന്നതുകൊണ്ട് സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതിരുന്നു കഴിഞ്ഞാൽ എന്തുവരും അസത്യമാണ് അപ്പോൾ സത്തെന്ന് പറയുന്നത് അറിഞ്ഞാലും നിലനിൽക്കണം റിഞ്ഞാതിരുന്നാലും നിലനിൽക്കണം അതാണ് എന്നാലേ അത് അങ്ങനെ പരമാർത്ഥം എന്ന് പറയാൻ പറ്റും നമ്മൾ അറിഞ്ഞില്ലെങ്കിലും അത് നിലനിൽക്കണം അല്ല കേവലം നമ്മളെ അറിവിനെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒന്നിനെ സത്വം എന്ന് വിളിക്കാൻ പറ്റത്തില്ല അറിവെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ ബോധമണ്ഡലം പ്രവർത്തിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാതെയും പോകുന്നുണ്ട് അങ്ങനെ അറിയുന്ന പലതിലൊന്നാണെന്ത് ീ സത്തയെക്കുറിച്ചുള്ള നമ്മുടെ ബോധം അതറിഞ്ഞില്ലെങ്കിലോ നമ്മളറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ലെങ്കിലോ അത് നിലനിൽക്കുന്നു സത്ത എന്ന് പറഞ്ഞാൽ നിലനിൽപ്പെന്നാർത്ഥം നിങ്ങളറിയണമെന്നില്ല നിങ്ങളുടെ അറിവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒന്നല്ല നിങ്ങളറി നിങ്ങളെ ലേശം അറിഞ്ഞില്ലെങ്കിലും പൂർണ്ണമായും നിങ്ങൾ ബോധശൂന്യനായാലും അത് ബോധക്കേടാകാം ഉറക്കമാകാം സമാധിയാകാം മരണമാകാം ഏതായാലും ശരിയെന്ത് ചെയ്യുന്നു അത് നിലനിൽക്കുന്നു അതങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും ഉറങ്ങിയിട്ട് എണീറ്റ് നോക്കുക എന്താണ് ആരാ ഉറങ്ങിയത് ഞാൻ അപ്പോൾ അവിടെ എനിക്ക് എന്റെ അസ്തിത്വത്തെ അറിയാൻ പറ്റിയില്ല എന്തുകൊണ്ടറിയാൻ പറ്റിയില്ല പറയുന്നു ഞാൻ ഒന്നും അറിയാതെയാണ് എന്തെങ്കിലും അറിഞ്ഞിട്ടിറങ്ങി എന്തായിപ്പോവും സ്വപ്നമായി ഒന്നും അറിയാതെ ഒന്നും എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു സംശയവും വേണ്ട ഒന്നും അറിഞ്ഞില്ല സദേവസൗമ്യാന്ന് പറയും നടത്തു തന്നെ ഭാഷയത്തിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഭാഷകാരം തുടങ്ങുന്നത് ഒന്നും അറിയാതെ ഞാൻ ഉറങ്ങിയപ്പോഴും സത്തിനെ അറിഞ്ഞില്ല അവിടെ അസത്തിനെ അറിഞ്ഞില്ല ഒന്നിനെ അറിഞ്ഞു ഉറങ്ങിയപ്പോഴും എന്താണ് ഞാനവിടെ ശേഷിച്ചിരുന്നു അവിടെ എന്ത് ശേഷിച്ചു പോലെയാണ് എന്ത് പറയുന്നത് സത് അപ്പ സത്തിനെ അറിയണമെന്ന് നിർബന്ധമൊന്നും കേവലം നമ്മുടെ അറിവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഭൗതികമായ കാഴ്ചപ്പാടനുസരിച്ച് എന്താണ് നമ്മുടെ അറിവെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ബ്രെയിനിൽ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഒരു ബൈ പ്രൊഡക്റ്റാണത് ഏത് നമ്മുടെ ബോധം എന്ന് പറയുന്നു എന്തുകൊണ്ടവരങ്ങനെ പറയുന്നു അവിടുത്തെ ഈ രാസപ്രവർത്തനങ്ങളെല്ലാം നനച്ച് കഴിഞ്ഞാൽ എപ്പോ ചത്തുപോകുമ്പോൾ പിന്നെ ബോധമില്ലല്ലോ ബ്രെയിനത അവിടെ കിടക്കുന്നു ഒരു ബോധമില്ല അത് അതിൻ്റെ എല്ലാ കമ്പോണൻസും അവിടെയുണ്ട് അല്ലേ എല്ലാ ഫിറ്റിങ്സും ഉണ്ട് പക്ഷെ അതിൻ്റെ ഒരു പ്രവർത്തനവും നടക്കുന്നുണ്ട് പിന്നെ ബോധമില്ല അപ്പോൾ ആ ബോധം കൊണ്ട് അറിയുന്നതാണ് സത്യം എന്ന് പറഞ്ഞാൽ ശരിയാകും അപ്പോൾ അതുകൊണ്ടങ്ങനെ പറയുന്നില്ല അറിയാതിരിക്കുമ്പോഴും എന്താണോ നിലനിന്നത് എന്നോ അതാണ് അപ്പോൾ ആ ഭൗതികമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടല്ല എന്നറയുന്നത് അതിവിടെ നിങ്ങൾ എന്താണോ ബ്രെയിൻ സ്റ്റഡിയിലൂടെ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് അങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് വേറെ എന്താണ് അത് സ്റ്റഡി ചെയ്യാൻ പോയാൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് ആൽഫ തീറ്റ ദാമ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇടയ്ക്ക് പോയൊരു സ്റ്റഡി കണ്ടെത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്ന ഇതൊക്കെയാണെന്ന് ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റും ആ രീതിയിലല്ല ഇവിടെ പറയുന്നത് എന്താണ് ഇത് അറിവ് സത്ത നമ്മളീ നമ്മുടെ ഈ അറിവ് ഇല്ലെങ്കിലും എന്ത് ചെയ്യുന്നോ നിലനിൽക്കുന്നു അങ്ങനെ നിലനിൽക്കുന്ന ഓർക്കത്തിലും നിലനിൽക്കുന്ന മരണത്തിലും നിലനിൽക്കുന്ന ബോധക്കേടിലും നിലനിൽക്കുന്ന സത് സത്ത അതാണ് നീ അവിടെ ദൈവത്തിന് എന്താ കാര്യം ഒരു കാര്യമില്ല ദൈവത്തെക്കുറിച്ച് ഭാഷകാരനെ അവിടെ ചിന്തിച്ചതേയില്ല നമ്മുടെ സ്വന്തം ദൈവത്തെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല വിട്ട് വെറുതെ ആവശ്യമില്ലാത്തടത്തൊന്നും ദൈവത്തിന് നമ്മൾ വലിച്ചഴയ്ക്കരുത് ദൈവത്തിന് അല്ലാതെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പാണെങ്കിൽ കൊറോണ ഒരു തരത്തിനും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല മനുഷ്യനൊക്കെ ഒന്ന് കഷ്ടപ്പെടും അപ്പോൾ ഈ തത്വചിന്തയുടെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്തുകൂടെ ദൈവത്തിനെ പിടിച്ചുകൊണ്ടിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കരുത് നമ്മുടെ ഭാഷ്യകാരൻ ഇവിടെ അത് കൊണ്ടുവന്ന സത്യം പറയുന്നിടത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ന് മുൻകൂട്ടി ഒരു വാണിംഗ് തന്നിട്ട് പറയണം ആരും അപ്സെറ്റാവാതിരിക്കാൻ ഈ ഭാഷ്യകാരൻ്റെ ചിന്ത സത്യം പറയുന്നിടത്ത് ദൈവത്തിന് യാതൊരു സ്ഥാനമില്ല മനസ്സിലായോ പറഞ്ഞത് ഉം മനസ്സിലായല്ലെങ്കിൽ വീട്ടിൽ പോയിരുന്ന ചിന്തിച്ച് നോക്കി ഇപ്പൊ ചിന്തിച്ച് വിഷമിക്കണ്ട എന്നാ ദൈവത്തിന് സ്ഥാനമുണ്ട് ഭാഷകാരന്റെ ചിന്തയിലും ദൈവത്തിന് സ്ഥാനമുണ്ട് എവിടെ ആ ആ തത്വം മനസ്സിലാകാതിരിക്കുന്നതുവരെ എന്നാണ് വ്യക്തമായും പറയുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിനൊരു വലിയ സ്ഥാനമുണ്ട് എന്തുകൊണ്ട് ആ സ്ഥാനം നിലനിൽക്കുന്നു അത് നമ്മൾ ദൈവത്തിന് കൊടുത്ത സ്ഥാനമാണ് നാടഭിപ്രായം എൻ്റെ അഭിപ്രായമല്ല ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരെ ഭാഷകാരനെ കൊണ്ട് ബോധിപ്പിക്കുക അവിടെ പരാതി സ്വീകരിക്കത്തുള്ളൂ എനിക്കത് സ്വീകരിക്കാൻ പറ്റില്ല ഞാനതിനാളല്ല അതുകൊണ്ടിവിടെ ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണോ ഇതിനെ കുളം തോണ്ടി ആൾക്കാരെ ഉദ്ദേശിച്ച് പറയാണ് ഇവിടെ ഒരു ജഹൽലക്ഷണി ആ ജഹൽലക്ഷണി അതൊക്കെ കുറെയൊക്കെ മനസ്സിലാക്കിയവരാണ് നിങ്ങൾ കുറേ കാലമായിട്ടിങ്ങനെ ആശ്രമജീവിതമാണ് അപ്പോൾ എന്തെങ്കിലും വായിച്ചിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യും വായിക്കുന്ന സ്വഭാവമില്ലാത്തവരാണെങ്കിൽ എവിടെയെങ്കിലും കേട്ടിരിക്കും അതൊന്നും ഇവിടെ ഒരു ചർച്ചയേ അല്ല തത്വമസിന്ന് പറയുന്നിടത്ത് അതിന്റെ യാതൊരു ആവശ്യമില്ല ഇനി അതുകൂടെ അറിഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ പണ്ഡിതനാകുമെന്ന് വിചാരിച്ചു നിങ്ങൾ അതിനെക്കുറിച്ച് മതപ്രഭാഷണത്തിലെന്നും കയറ്റി പ്രയോഗിച്ചത് അതുകൊണ്ടാണ് ഇത് വ്യക്തമായും പറയുന്നത് ലോകം മുഴുവൻ മിഡ്ഡികളാണെന്ന് വിചാരിക്കരുത് ചിലപ്പോൾ ആരെങ്കിലും അവിടെ വിവരമുള്ളവർ കാണും അവർ ചോദിക്കും തത്വമസീലത് ഭാഷകാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ എന്തു പറയും നിങ്ങൾ പറയും തത്തുമസ്യാന്ന് പറഞ്ഞിട്ടില്ലായിരിക്കും പക്ഷെ ഞങ്ങളെ അങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് പറയും അവസാനം അങ്ങനെ ഒന്നും ഉറപ്പായിട്ടും പറയും നിങ്ങളുടെ കുറ്റമായിട്ടൊരിക്കലും പറയത്തില്ല ഞങ്ങളെങ്ങനെയാ പഠിപ്പിച്ചു എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു ജഹൽ രക്ഷണ ജഹൽ രക്ഷണ ബാക്കി കേട്ടില്ല എന്തുകൊണ്ടാണ് അപ്പം ഞങ്ങൾ ഉറങ്ങിപ്പോയി ഇങ്ങനെ വിട്ടു വിട്ടാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ വരിക്കാനും പറയുന്നത് അതിന്റെ യാതൊരു ആവശ്യമില്ല തുമ്പ് പറഞ്ഞ ആറാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ആ സത്ത് അതാണ് തൊം നീ എന്നാണ് അവിടെ പറയുന്നത് അതാണ് ഇവിടെ ഭാഷകാരം പറയുന്നത് ഒടുവിൽ ജഗത്തിൻ്റെ കാരണമായി ആ സത്തിനെയാണ് നിർദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്